സംഗീത പ്രമാണിക്ക് കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ ജയഘോഷത്തോടെ ദൈവസന്നദ്ധിയിലാർക്കുവിൻ അത്യുന്നതനായേ ഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തെരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഖ്യഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു